ഇസ്രായേൽ സംഗതികളെ നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് നാം നിങ്ങളെ രക്ഷിച്ചു കൂടെ കൂടെ ടൂർ പർവ്വതത്തിന്റെ വലതുഭാഗത്ത് നാം നിങ്ങൾക്ക് വാഗ്ദാനം നൽകി മന്നും സെൽവയും നാം നിങ്ങൾക്ക് ഇറക്കിത്തന്നു